لله. نحمده ونستعينه ونؤمن به ونتوفل عليه فنعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يزده الله فلا مضل لا ومن يضلل فلا آلي لا وأشهد أن لا إله إلا الله وحده لا شريك لا وأشهد أن محمد النبده ورسوله أرسله في الهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق من ها زوجها وبث منهما رجالاً كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا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 اما بعد فان خير الحديث ان خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشو الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم للمقراء الذين احضروا في سبيل الله لا يستطيعون مرضا في الارض يخطبهم الجاهل اهديا من التقف كاErrorfهم بذيمهم لا يسالوننا فالحافا ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുബിന്റെ ആത്മാാ നിർദ്ദേശങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവകണുശമായി പാലിച്ച് യഥാർത്ഥ മുത്തഫ്രീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ അള്ളാഹു അവന്റെ വിധിവിലുകൾ കണിശമായി പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തപ്രീങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന്റെ മഹത്വവും തൊഴിലാളികൾക്കും തൊഴിൽദായകർക്കും കേവലം അവകാശങ്ങൾ മാത്രമല്ല അതോടൊപ്പം ബാധ്യതകളുമുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ പുതുവയിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയത് ജോലി ചെയ്ത് ജീവിക്കുവാൻ ഇസിലാൻ പ്രോത്സാഹിപ്പിച്ച കാര്യവും അതിൻ്റെ മഹത്വവും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ അധ്വാനിച്ച് ജീവിക്കുവാൻ തയ്യാറല്ലാതെ ആളുകളെ ആശ്രയിച്ച് യാചനയിലൂടെ ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടി കാര്യങ്ങൾ നേടുവാൻ ശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷം പല ആളുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒരു ദുഃസ്വഭാവമായിട്ടാണ് മോശപ്പെട്ട സംഗതിയായിട്ടാണ് യാചനയെ നമുക്ക് കാണുവാൻ സാധിക്കുക എന്തിനും ഏതിനും യാചന എന്നതും അതൊരു ശീലമാക്കി മാറ്റുകയും ചെയ്ത പോക്കറ്റ് വേൽപ്പിക്കുവാൻ സമ്പാദ്യ മാർഗമായി ആളുകളെ സമീപിക്കുന്ന അവസ്ഥാവിശേഷം ആരുടെയെങ്കിലും സ്വഭാവമായി മാറിയിട്ടുണ്ടെങ്കിൽ നിൻസലു വലൈഹി വസ്ല്ലാം പഠിപ്പിക്കുന്ന ഈ ഹരിയുകൾ അവർ ശ്രദ്ധാപൂർവം കേൾക്കുകയും സ്വന്തം ജീവിതത്തിലേക്ക് അതിന്റെ സ്വാധീനങ്ങൾ ആവാഹിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ഇല്ലെങ്കിൽ ദുനിയാവിൽ അത്തരക്കാർക്ക് നിന്നയതയും അപമാനവും ഉണ്ടാകും ആളുകൾക്കിടയിൽ വിലയില്ലാത്ത അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം ദുരിയാവിലും മുമ്പിൽ തീക്ഷണമായ പരീക്ഷണങ്ങൾക്കും ശിക്ഷാ നിയമങ്ങൾക്കും വിധേയമാകുമെന്നുള്ള കാര്യമാണ് ഹടീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പറയാൻ പോകുന്ന മൂന്നിൽ ഒരു കാര്യത്തിനല്ലാതെ ആ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരാളോട് ചോദിക്കുക എന്ത് ആരുടെയെങ്കിലും കൈനീട്ടുക എന്നതെല്ലാം അനുവദനീയമല്ല ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ തുടർന്ന് വിശദീകരിക്കുകയാണ് ഒരാൾ ഒരു കൂട്ടുചറവാദിച്ച് ഏറ്റെടുത്തു ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തത്തിൽ ിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ അല അയാൾക്ക് സ്വന്തമായി അത് നടത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ലെങ്കിൽ ചോദിക്ക് അനുവദനീയമാണ് ആ കാര്യം അയാൾ നിർവഹിക്കുന്നത് വരെയും പിന്നീട് അതിന്റെ പേരിൽ വീണ്ടും ഒരു ചൂഷണോപാധിയായി യാചനയെയും ദുബാജ്യത്തെയും പിരിവിനെയും കാണുവാൻ പാടില്ല മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ വളരെ സൂക്ഷ്മമായി സുതാര്യമായി പണമിടപാടുകൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെയും അവർ നടത്തുന്ന സംവിധാനങ്ങളെയും തെറ്റിദ്ധാരണയോടുകൂടി നോക്കുകയും അവരുടെ നന്മകൾ തിന്മകളായി മാറുന്ന ആളുകൾക്കിടയിൽ അതിനെ സംബന്ധിച്ച് ഒട്ടേറെ വിമർശിച്ചു പറയാൻ പഴി നൽകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുമെന്നുള്ളതുകൊണ്ട് വിശ്വാസികളായ ഞാനും നിങ്ങളും ഏറെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ മറ്റുള്ളവരെ സമീപിക്കലും അവരിൽ നിന്ന് ആനുകൂല്യങ്ങളും അതേപോലെ സംഭാവനകളും സ്വീകരിക്കും രണ്ടാമതായി സാമ്പത്തിക ശേഷി വലിയ വിപത്തിലൂടെ ഇല്ലാതെയായി പോയി അയാളുടെ കച്ചവടം അല്ലെങ്കിൽ കൃഷി എല്ലാം വിപത്ത് അയാളെ ബാധിച്ചു അതോടുകൂടി അയാളുടെ സമ്പത്ത് നശിച്ചുപോയി അപ്പോൾ ആളുകളോട് കടമായിട്ടാണെങ്കിലും ചോദിക്കൽ അത്തരക്കാർക്ക് അനുവദനീയമാണ് എന്റെ ജീവിതോപാധി ഒന്ന് നേരെയായി കിട്ടാൻ അതിന്റെ കേടുപാടുകൾ തീർത്ത് നേരെ ചൊവ്വയാക്കാൻ ആളുകളെ സമീപിക്കേണ്ടി വരും ആശ്രയിക്കേണ്ടി വരും അയാൾക്കും അനുവദനീയമാണ് യാചന എന്ന രീതിയിലല്ല കടമായിട്ട് പോലും ഒരാളോട് ചോദിക്കുന്നതിന് ഇതെല്ലാം ചില സംഗതികൾ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മൂന്നാമതായി പറഞ്ഞത് ഒരു മനുഷ്യനെ ദാരിദ്ര്യം ബാധിച്ചു ബുദ്ധിയുള്ള വിവേകമുള്ള മൂന്നാളുകൾ സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ അയാൾ സാമ്പത്തികമായി ഏറെ പൊട്ടിയിട്ടുണ്ട് പ്രയാസത്തിലാണ് എന്ന് മൂന്നാളുകൾ സാക്ഷി നിൽക്കുവാറ് അയാൾക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നുവെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ അയാൾക്കും ചോദിക്കാം അതിനപ്പുറമുള്ള ചോദ്യങ്ങൾ ഈ മൂന്ന് വിഭാഗക്കാരല്ലാത്ത ആരും ആരുടെ മുമ്പിൽ അത് തിരിച്ചു കൊടുക്കാമെന്ന മനസ്സോട് കൂടിയായിരുന്നാൽ പോലും അത് പാടുള്ളതല്ല വേണ്ടാത്തതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചും പറയുന്നു സമ്പാദിച്ച് വയറു നിറക്കുന്ന മോശമായ ഭക്ഷണ മാർഗമാണത് ൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് തുടർന്ന് തന്റെ സമ്പാദ്യം അധികരിപ്പിക്കുവാൻ വേണ്ടി ആളുകളോട് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ തന്റെ കോടിക്കണക്കിന് വരുന്ന ബിസിനസ് ഒന്ന് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ വരുന്ന തന്റെ കൃഷിയിടവും അതേപോലെ എസ്റ്റേറ്റുകളുമെല്ലാം ഒന്നുകൂടി അഭിവൃദ്ധിപ്പെടുത്താൻ ആരെങ്കിലും ആളുകളോട് ചോദിച്ചാൽ അഥവാ ഉള്ളത് ഒന്നും അധികരിപ്പിക്കുവാൻ ആളുകളോട് യാജിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായും ചോദിച്ചു വാങ്ങുന്നത് നരകത്തിലെ സീക്കനലുകളാണ് അയാൾക്ക് വേണമെങ്കിൽ അയാൾ കൂടുതൽ സമ്പാദിച്ചുകൊള്ളട്ടെ കരകത്തിന്റെ തീക്കരലുകൾ കുറെ വേണമെങ്കിൽ അയാൾ ആ രീതിയിൽ വാങ്ങിക്കൂട്ടിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ച് അയാൾ ചുരുക്കിക്കൊള്ളട്ടെ മതിയാക്കിക്കൊള്ളട്ടെ മുസ്ലിമിനെ തന്നെ ഹരീസാണ് വിശ്വാസികളുടെ എല്ലാ രംഗത്തും ഉണ്ടാകണം എനിക്ക് അള്ളാഹു നൽകിയത് കൊണ്ട് എന്ന് നാം ഓരോരുത്തരും തീരുമാനിച്ചാൽ ആ രീതിയിൽ നമ്മുടെ സാമ്പത്തികമായ കണക്കുകളും ചെലവുകളും നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ായി ജീവിക്കുവാൻ നമുക്ക് ആരെങ്കിലും സൂക്ഷിച്ചാൽ അള്ളാഹു ആയാലെ മാന്യനാക്കും ആളുകളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന് അവർക്ക് ഇടയിൽ അടിമകളെ പോലെ താഴ്ന്ന് കേട് അവരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം വാങ്ങിക്കാൻ കടവായിട്ടാണെങ്കിലും അവരുടെ മുമ്പിൽ സഹായത്തിനായി കൈകൾ നീട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കല്ലേ തടസ്സവരെ എന്നതായിരിക്കണം ഏതൊരു വിശ്വാസിയുടെയും ചേട്ടം ഇല്ലെങ്കിൽ അവരുടെ അന്തസ്സും അഭിമാനവും ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോകും മാന്യത അവർക്കുണ്ടാവുക ഇല്ല ആളുകൾ കൊടുക്കുന്നവരായിരുന്നാലും അവരെല്ലാവരും അയാളെ സംബന്ധിച്ച് വേറെ ഒരു കണ്ണോടുകൂടിയായിരിക്കും കാണുക വേറെ പല കമന്റുകളായിരിക്കും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മെ സംബന്ധിച്ച് ആളുകൾ പറയുക ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും പറയുകയാണ് അത്തരക്കാർക്ക് നിന്നതയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് പരമാദവി ഞാൻ ആരെയും ആശ്രയിക്കുകയില്ല എന്റെ സർവശക്തനായ കാരുദ്ധ്യവാനായ റബ്ബിനെ അല്ലാതെ എല്ലാത്തിന്റെയും അധിപനും ധാരാളം കരുണ ചെയ്യുന്നവനായ റബ്ബിനോട് ഞാൻ ചോദിച്ചാൽ അവൻ എനിക്ക് തരും നിറഞ്ഞതാണ് അതിൽ നിന്ന് ചെലവഴിക്കുന്നത് കൊണ്ട് ആ കൈകളിലുള്ളത് തീർന്നു പോകുന്നില്ല ചുരുക്കി പോകുന്നില്ല കൊടുത്താൽ ഉടമയാണ് പരമകാരുനകനായാതെ അത്യുമാരനായി അവൻ ദാനമായി നൽകിക്കൊണ്ടേയിരിക്കുന്നു ചോദിക്കുന്നവർക്കൊക്കെയും ചോദിച്ചതെല്ലാം നൽകിയാലും അള്ളാഹുവിന്റെ കൈകളിൽ തീർന്നു പോവുകയില്ല അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി എപ്പോഴും കപ്പിലേക്കായിരിക്കണം ആശ്രയിക്കേണ്ടത് ദുനിയാവിൽ എത്ര വലിയ ധർമ്മിഷ്ഠരും മുതലാളിമാരായിരുന്നാലും അവരെ ഒരു പരിധി വിട്ട് ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ അവരുടെ ധീരിയായ വിഷയത്തിലും അവരുടെ പാരസികമായ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലുമെല്ലാം അന്തസ്സും അഭിമാനവും അവർക്ക് കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ും നിങ്ങളിൽ ചില ആളുകൾ യാദിച്ചു കൊണ്ടേയിരിക്കുന്നു ആളുകളോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ കിട്ടും ഇവിടെ ചെന്നാലും കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് ഒരുക്കാതെ എല്ലാവരുടെയും അടുക്കിൽ നടന്നു വാങ്ങുന്ന ചില ആളുകളുണ്ട് എന്നാൽ പറയുന്നു കണ്ടുമുട്ടുന്നത് വരെയും യാതന ഒരു മാറ്റിയ ആളുകൾ പക്ഷേ പറലോകത്ത് വരുമ്പോൾ വലൈ സഫിഹി മുലഹമിൻ മുഖത്ത് മാംസമില്ലാതെയായിരിക്കും ഗ്രൂപിയായി നിന്നനായിട്ടായിരിക്കും അയാൾ പരലോകത്ത് വരിക ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹരീസാണ് പർമ്മശക്തനായ അള്ളാഹു അവരെ മാത്രം ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആരെയും ഓച്ചാനിച്ച് നിന്ന് അന്തത്തും അഭിമാനവും ഭയപ്പെടുത്തി ആരുടെയും ആനുകൂല്യങ്ങൾ പറ്റാത്ത അള്ളാഹുവിൽ ആശ്രയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഭാഗ്യവാൻമാരിൽ അഭിമാനികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കടമായി ും പോലും ആരോടും പരമാവധി ചോദിക്കാതിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരമാവധി ഒഴിവാക്കലാണ് നല്ലത് കാണുവാൻ സാധിക്കും അപകടമാണ് എന്ന് വാക്കുകളിലൂടെ കാണാൻ കഴിയും ും നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനവും കൈവന്ന ശേഷം ആ മനസ്സിന്റെ നിങ്ങൾ ദീവിതമായ അവസ്ഥയിലേക്ക് നിങ്ങൾ വലിച്ചെറിയരുത് ആകർഷിച്ച് ആകർഷിച്ച് പറഞ്ഞപ്പോൾ സുഹാബികൾ ചോദിച്ചു അള്ളാഹുലെ എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത് കടമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് കൊടുക്കാനുണ്ടല്ലോ കൊടുക്കാൻ സാധിക്കുമല്ലോ എന്ന് കണ്ട് വാങ്ങിക്കൂട്ടിയ പല ആളുകളും കടക്കിണയിൽ ആ കടക്കിണയിൽ നിന്ന് ഊടി സാധിക്കാതെ വരുമ്പോൾ നാട് ആളുകളുണ്ട് ജീവിതം ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട് പല രൂപത്തിലും ഇങ്ങനെ ആളുകളുമായി ഇടവഴുകാതെ ഉൾവലിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായ ആളുകളുണ്ട് അതൊന്നും വരുത്താതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പരമാവധി പോലും ആരെയും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാതെ ആശ്രയിക്കാതെ ജീവിക്കുവാനായിരിക്കണം ശ്രമിക്കേണ്ടത് പഠിപ്പിച്ചതാണ് പറയുന്നു ഞങ്ങൾ ഒരിക്കൽ സമയം അങ്ങനെ നോക്കി എന്തോ ഗൗരവപ്പെട്ടത് പോലെ ആകാശത്തേക്ക് നോക്കി ആ പ്രവാചകൻ തന്റെ കൈ തലക്ക് പിടിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലാ അള്ളാഹു എത്രയോ പരിശുദ്ധൻ ഗൗരവതരമായ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാനുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു കടത്തിന്റെ വിഷയത്തിൽ എത്രമാത്രം ഗുരുതരമായ സംഗതിയാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നറിയുമോ അള്ളാഹു അവതരിപ്പിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ആ മാർഗത്തിൽ തന്നെ മരണപ്പെട്ട് രക്തസാക്ഷിയായി തുമ്മ വീണ്ടും അയാൾക്ക് അള്ളാഹു ജീവൻ നൽകി ൻ പക്ഷേ അയാളുടെ ഒരുമാർക്ക് എന്ന് പറയാനുള്ളത് അയാൾക്ക് കടബാധ്യതയുണ്ട് കടവുമായി ബന്ധപ്പെട്ടാണ് അയാൾ ജീവിക്കുന്നത് അയാളുടെ കടം വീട്ടുന്നത് വരെയും ആ മഹത്തായ സേവനങ്ങളെല്ലാം അയാളിൽ ഉണ്ടായാലും സ്വർഗപ്രവേശനം അയാൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു വരെയും പഠിപ്പിക്കുന്നു ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മൂന്ന് പ്രാവശ്യം ആർക്കുണ്ട് അടിയാകുരുത്തരും അത്ഭുതകരമായ അള്ളാഹു ജീവൻ നൽകി വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒരു ജീവിതത്തിൽ രക്തസാക്ഷിയാകാൻ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടാകുമോ ആ അത്രമാത്രം ഉത്കൃഷ്ടമായ ഭരണം വരിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി പടമൊരുതിയ മനുഷ്യനാണ് എങ്കിലും കടമെന്ന വാച്യയാളുടെ പിരടിയിൽ ഉള്ളിടത്തോളം സ്വർഗപ്രവേശനത്തിന്റെ മുമ്പിൽ ഒരു വിലങ്ങടിയായി കടന്നമായത് നിൽക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ായി പഠിപ്പിക്കുന്ന ആ കടവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ കടം എന്ന ഒരു ബാധ്യത ഉള്ളിടത്തോളം കാലം അവരെ സ്വർഗപ്രവേശനത്തിന് അനുവദിക്കാത്ത വിധത്തിൽ ആ ശരീരത്തെ കെട്ടിയിട്ട് വരിഞ്ഞു മുറിച്ചിരിക്കുകയാണ് കടം എന്ന് നിന്നെ ഉണർത്തുന്നു അതുകൊണ്ട് അത്യാവശ്യങ്ങൾക്കാണെങ്കിലും ഒരു നൂറ് വട്ടം ആലോചിച്ചുകൊണ്ടല്ലാതെ കടത്തിന് പോലും ചോദിക്കുവാൻ പാടില്ല യാചന ഏതായാലും പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സ്വസ്ഥതയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി തുണിയാവിൽ ജീവിക്കുവാൻ സാധിക്കും പ്രോഡസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തൽക്കർമ്മങ്ങൾ അത് ഒരു തടസ്സവുമില്ലാതെ അനുഭവിക്കുവാൻ നമുക്ക് സഹായമാവുകയും ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭൂരിഭാഗം കടങ്ങളും നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അനാവശ്യമാണ് അമിതവ്യയത്തിന്റെയും ദൂർത്തിന്റെയും പേരിലാണ് പൊങ്ങച്ചത്തിന്റെ പേരിലാണ് കടങ്ങൾ ഭൂരിഭാഗവും കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെയാണ് ചരിത്രം നമുക്ക് പാഠമാകേണ്ടത് മഹത്തായ ജീവിതം നമ്മെ പരിവർത്തിപ്പിക്കേണ്ടത് വലിയ സമ്പന്നനൊന്നും പക്ഷേ പ്രവാചകൻ സലാഹു വലഹി വസ്ല്ലമയോളം മനസംതൃപ്തി അനുഭവിച്ച ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അതിന്റെ ഉത്തരം കാരണം മനസംതൃപ്തി ഇല്ലായ്മ പല ആളുകളുടെയും ഏറ്റവും വലിയ പ്രശ്നമാണെങ്കിൽ ൃപ്തി അനുഭവിച്ചാലായിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും ഞാൻ എന്നോട് ചോദിക്കുന്നു എനിക്ക് തന്മാർഗം വേണം ഇടപാടുകളിൽ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിധിച്ചതും വിരോധിച്ചതുമായ അനുവദിച്ചതും വിലക്കിയതുമായ സംഗതികളെ സംബന്ധിച്ച് അവബോധമുണ്ടാകുകയും ആ രീതിയിൽ ഇടപെടുകയും ശിക്ഷ നടക്കുക അത് നീ എനിക്ക് നൽകണം മാന്യത ഐശ്വര്യം മായ ധന്യത അത് എനിക്ക് നീ നൽകണമേ പണച്ചവനെയെന്ന് ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു ഇവാ മുസ്ലിമും ഇബ്രമാജയും ഒക്കെ നമ്മളും മാനസികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും ചാരിത്ര ശുദ്ധിയും മാന്യതയും സൂക്ഷ്മതാബോധവും സന്മാനകവും എല്ലാം അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു ൾ ഒരു ഫ്രിഡ്ജ് എ സി അതേപോലെ തന്നെ വാഹനങ്ങൾ ഇങ്ങനെ എല്ലാ മുട്ടുമൂടും സാധനങ്ങളെല്ലാം ഒരുമിച്ചുകൂടിയ ഒരു വലിയ ധനാറ്റിനാണ് സമ്പന്നൻ ഇത് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ലാഹു വലൈമത്തെ വാക്കാണ് മറിച്ച് അയാൾക്കും സമ്പന്നരാ എന്നത് ഐശ്വര്യം എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്തില്ലെങ്കിൽ മാനസികമായ സംതൃപ്തിയില്ലെങ്കിൽ ഒള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സില്ലായെങ്കിൽ എത്ര ഭൗതികമായി ധാരാളക്കണക്കിന് സമ്പത്തുള്ള ആളായിരുന്നാലും ഭൗതികമായ വിഭവങ്ങൾ ഒരുമിച്ചു കൂട്ടിയ ആളായിരുന്നാലും അയാൾക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല നേരെ വളരെ നിസാരമായ കൂലിവേലക്കാരനാണെങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സയാർക്കുണ്ടെങ്കിൽ അയാളോളം ഐശ്വര്യവും മികവും പുലർത്തുന്ന മറ്റൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല എന്നത് ഒരു വസ്തുതയാണ് ഇമാം ബുഖാരിയും ഉദ്ധരിച്ച ഹദീസിനോട് പഠിപ്പിച്ചത് അത് ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായി അനുഗ്രഹമായും നിബിസലാഹു വലൈബല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ കഴിയും അത് ും വിജയിച്ചിരിക്കുന്നു അയാൾക്ക് വേണ്ടുന്ന അയാളുടെ മതിയായതാണ് ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അയാളുടെ കാര്യങ്ങളെല്ലാം മാന്യമായ രീതിയിൽ നടന്നു പോകുന്ന രീതിയിൽ ഉണ്ടോ ഉപജീവനവുമുണ്ട് ാണ് അയാൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹു നൽകുന്ന രഥക്ക് അയാൾക്ക് മതിയെ വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ല കുറച്ചുകൂടി കിട്ടിയ ചെറുക്കേടില്ലായിരുന്നു എന്നാൽ അവിടെ പോയി ചോദിക്കാം എന്നൊരു മനസ്സയാൾക്കില്ല അള്ളാഹു നൽകുന്നതിൽ സംതൃപ്തിയോടുകൂടി അയാളുടെ ഉപജീവനങ്ങളും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും എല്ലാം കാര്യങ്ങൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന രീതിയിൽ അയാൾക്ക് നൽകുകയും ചെയ്തു എങ്കിൽ അയാളാണ് വിജയിച്ച് വിശ്വാസി എന്ന് അച്ഛനാഹു അറിയം പറയുന്നു വിശ്വാസികളുടെ സ്വഭാവമായി പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് അഥവാ അനാവശ്യമായ രൂപത്തിൽ ചെലവഴിക്കാതെ അതേപോലെ തന്നെ പിശുക്കും ഇല്ലാതെ മാന്യമായ രൂപത്തിൽ ചെലവഴിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ സ്വീകരിച്ചാൽ കടക്കെണിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അന്ധത്തോടും യോടും കൂടി ദുനിയാവിൽ ജീവിക്കുവാൻ സാധിക്കും പരലോകത്തിൽ സമാധാനത്തോടും കൂടി നമ്മൾ ചെയ്ത സക്രമങ്ങൾ ആസ്വദിച്ച് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനും സാധിക്കും അഞ്ചാം അധ്യായം സൂറത്തിൽ അധ്യായത്തിൽ അവസാന ഭാഗം നമുക്കറിയാം സൂറത്തിൽ അവസാനത്തെ ഭാഗത്ത് ഈ റഹ്മാൻ പരവകാരുണ്കനായ റബ്ബിന്റെ വിനയാന്യതനായ അച്ഛനിതരായ ദാത്തന്മാരെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് അവരുടെ ഗുണഗണങ്ങൾ എന്ന് പറയുകയാണ് هذا البرتقم الله قرامرشك والذين إذا أمفقوا ما إبعاد الرحمن قرمك آل لغناء ربنة عديمك الداة نمار إذا أمفقوا أغار چلواليكي وياننجل لم يسرفوا دالال سنبانيكي ويئيلا آرمارة مونداؤو كيئيلا أذر ملت أغار چلواليكي ويئيلا نباسنا إرنالهم تيادشكاريงالكا إرنالهم آبشنال كبورم پورو دور تنابشي جلقو أغارو لجيبير سنبونداؤو അതേപോലെ തന്നെ അത് തടഞ്ഞു വെച്ച് ചെലവഴിക്കാതെ ഉണ്ടാവുകയില്ല രണ്ടിന്റെയും ഇടയിൽ ഒരു മിഡിൽ ഒരു മധ്യമ നിലവാരമായിരിക്കും അവരുടെ എല്ലാത്തിലും വാക്കിലും പ്രവർത്തനത്തിലും എന്ന പോലെ സാമ്പത്തികമായ ചെലവഴിക്കലിലും ഇടപാടുകളിലും ആ മാന്യത വിശ്വാസികൾ പാലിക്കുമെന്നാണ് ഇനി അത്യാവശ്യം ചിലപ്പോൾ പരമാവധി കടം വാങ്ങേണ്ടതില്ല എന്ന് വിചാരിച്ചാലും കുടുങ്ങിയാൽ കടം വാങ്ങേണ്ടി വരും ആളുകൾ ആശ്രയിക്കേണ്ടി വരും പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങളിൽ ഇതുപോലെ അത്യാവശ്യമായി അങ്ങനെ വാങ്ങേണ്ടി വന്നാൽ തന്നെ വിശ്വാസികളായ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കാം കൊടുക്കാനുള്ള മനസ്സിതി ആ കടം വാങ്ങിയ അന്ന് മുതൽ ആ നിമിഷം മുതൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് വീട്ടണമെന്നൊരു ചിന്തയുണ്ടാകണം പരമാവധി കടം വാങ്ങുകയില്ല എന്ന് നോക്കുകയും കടം വാങ്ങാതിരിക്കാൻ ചോദിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാൽ കുടുങ്ങിയിട്ട് നമ്മൾ കടം വാങ്ങുമ്പോൾ വായ്പ വാങ്ങുമ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് ആ ബാധ്യത വീട്ടുമെന്ന ഒരു മനസ്സിന് ഒരു നെയ്യത് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ് എൻ്റെ അള്ളാഹു അലേ ഇതെല്ലാം പഠിപ്പിച്ചത് തിരിച്ചു ചോദിക്കുമ്പോൾ ആളുകളോട് അനിഷ്ടം തോന്നുന്ന ആ ആളുകൾക്ക് എന്തോ ഔദാര്യം അങ്ങോട്ട് കൊടുക്കുന്ന പോലെ അയാളുടെ വീട്ടിൽ പോയി ആഴ്ചകളോളം പാദങ്ങളോളം കെട്ടിക്കിടന്നായിട്ടായിരിക്കും ഫലപ്രാവശ്യമായിട്ടായിരിക്കും നമ്മൾ വലിയ സംഖ്യകൾ ചോദിച്ചു വാങ്ങിയത് പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തോ അല്ലാത്ത ഒരു എടങ്ങേറ പ്രയാസപ്പെട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത് പോലെ അങ്ങനെയാതിരുന്നൊരു വിശ്വാസി ീറ്റാതെ ഉപദ്രവിക്കുക എന്നത് അയാളെ പ്രയാസപ്പെടുത്തുക എന്നത് അക്രമമാണ് വന്നാൽ തീർച്ചയായും അതിലൂടെ കഷ്ടപ്പെടുത്തേണ്ടി വരും അതേപോലെ കൊടുക്കത്ത എന്ന വിചാരവും ഉള്ളതെങ്കിൽ ഒരാൾക്ക് പറഞ്ഞാൽ ദിവസം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിച്ചില്ല അപ്പൊ എന്ത് പറയും ധാന്യമായ ഇസ്ലാമികമായ വഴികളും മാർഗങ്ങളും സ്വീകരിച്ചിട്ട് അയാളോട് പോയി പറയാൻ ഞാൻ വിചാരിച്ചതുപോലെ കാര്യം നടന്നിട്ടില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വേറെ വഴിക്ക് സംഘടിപ്പിച്ച് തിരിച്ചു കൊടുക്കാൻ ഇതൊന്നും ചെയ്യാതെ വരുമ്പോൾ അയാളെ കാണുമ്പോ പിന്നെ മാറി അയാൾ വിളിച്ചു ചോദിക്കുമ്പോൾ നുണ പറയേണ്ടി വരും അവസ്ഥയുണ്ടാകും അങ്ങനെ ഇഷ്ടക്കേട് തോന്നുന്ന അവസ്ഥയുണ്ടാകും അപ്പൻ സ്വാഭാവികമായും മറ്റൊരു തവണ ഇതേപോലെയുള്ള ആളുകൾ വന്നാൽ കയ്യിലുണ്ടായാലും അയാളെ തീരുമാനിക്കും എന്തിനാ കയ്യിലുള്ളത് കൊടുത്ത് മറ്റുള്ളവരുടെ അനിഷ്ടവും അവരുടെ പൊരുത്തമില്ലായ്മയും പ്രയാസപ്പെടുത്തലുമെല്ലാം സ്വീകരിക്കണം അതുകൊണ്ട് ഇല്ലായെന്ന് പറയാം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും അപ്പൊ അതിലൂടെ വരുന്നത് ഇവിടെയുള്ള ബ്ലൈഡ് കമ്പനികൾ പലിശാ വ്യവസായങ്ങൾ പല അവർ വളരും വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധങ്ങൾ ശിഥിലമാകും പരസ്പരം സഹായിക്കുന്ന ഉള്ളു നിറന്ന് കണ്ടറിഞ്ഞ് നിലപഴുകുന്ന ഒരവസാനശേഷം ഇല്ലാതെയാകും എന്തുകൊണ്ട് അങ്ങനെ നമ്മുടെ സൂക്ഷ്മത യോടുകൂടിയല്ലാത്ത ഇടപെടലുകളിലൂടെ നമ്മൾ അത് ഒരു ചൂഷണ മാർഗമായി സ്വീകരിക്കുന്നതിലൂടെയുള്ള അർഹതയുള്ള ആളുകൾക്ക് പോലും ആളുകളോട് ചോദിക്കുവാനും ചോദിച്ചാൽ തന്നെ സാമ്പത്തിക സഹായം കിട്ടാത്ത അവസ്ഥയും വരുന്നത് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കാത്തത് അതുകൊണ്ട് പരമാവധി യാജനയായിട്ട് തീരെ പാടില്ല അതേപോലെ തന്നെ വായ്പയായിട്ടാണെങ്കിലും ചോദിക്കുകയില്ല എന്ന് ഒരു ദൃഢനിശ്ചയമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് ഇനി വല്ലാതെ കുടുങ്ങി ചോദിച്ചാൽ തന്നെ വാങ്ങിക്കേണ്ടി വന്നാൽ ആ സമയം മുതൽ എത്രയും പെട്ടെന്ന് അത് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഞാനെങ്കിലും എന്റെ തുറക്കപ്രവേശനത്തിന് നിൽക്കും എന്ന ഗൗരവത്തോടുകൂടി അത് കണ്ടുകൊണ്ട് വീട്ടുവാൻ മനസ്സ് വെച്ചാൽ അത്തരക്കാർക്ക് അള്ളാഹു ഇളസമാക്കി കൊടുക്കുമെന്നാണ് ഇനി ആളുകൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രത്യേകമായി പ്രാർത്ഥന പഠിപ്പിക്കുന്നു അടുക്കൽ ഒരിക്കലും ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് വല്ലാത്ത കടബാധ്യത അയാളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പോ അയാളോട് വിളിച്ചു പറയുന്നു ൾ ഞാൻ കടബാധിതയായി കുവിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും തീർച്ചയായും ആ പ്രാർത്ഥന അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ആത്മാർത്ഥതയോടുകൂടിയാണ് നീ ഒരുവിടുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ എനിക്ക് വേണം ആ പ്രാർത്ഥന എന്താണത് പറയണം അള്ളാഹുവെ ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം നീ ഹലാക്കിയ തന്നികൾ കൊണ്ട് മാത്രം മതിയാക്കണമേ എനിക്ക് എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുവാൻ എനിക്ക് നീ എന്നെ ധന്യനാക്കേണമേ വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അങ്ങനെ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ ഇമാം അഹമ്മദും സുർമദിയും ഹാക്കിമും ഒക്കെ ഉദ്ധരിച്ച പ്രമലമായ ഹരീദാണ് എങ്കിൽ ഉണ്ടെങ്കിലും അള്ളാഹു വീട്ടിത്തരുമെന്നാണ് അറിയിച്ചത് ആ അങ്ങനെ കടം വീട്ടിൽ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയുടെ മൂലക്കെ ഇരുന്ന് ഈ ദുബായിച്ചല്ലി ഇരിക്കണമെന്നല്ല എന്റെ അർത്ഥം മറിച്ച് ആ രീതിയിൽ ആശയം ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്താണ് അതിൽ പറഞ്ഞത് അള്ളാഹു ഹറാബുകളിലേക്ക് പോകാതെ കൊണ്ട ആവശ്യങ്ങൾ നടത്തി തരാനമേ വിവാഹമാണ് അല്ലെങ്കിൽ വീട് പണിയണം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ ഒരു ചികിത്സ ആവശ്യം ഇങ്ങനെ പലതിനും സാമ്പത്തികമായ ആവശ്യങ്ങൾ നൂറ് നൂറ് ആവശ്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഉടനെ തന്നെ ആ ബാങ്കുകാര് വിളിക്കുന്നു അവർ ചെറിയ ചെറിയ പലിശയിലൂടെ ധാരാളം നൽകുമെന്നാണ് പുതിയ പലിസങ്ങൾ തന്നെ പലിശ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു ധാരാളം പൈസ തരും കുറച്ച് പലിശ കൊടുത്താൽ മതി അപ്പൊ ആരുടെയും മുമ്പിൽ ഒറ്റാനിച്ചു നിൽക്കാതെ മാന്യനായി വൈസ് കോളർ ഡ്രസ് ധരിച്ച് തന്നെ മാന്യതയോടുകൂടി പോയി പൈസ വാങ്ങിവരും അപ്പൊ എന്താണ് ായ മാർഗത്തിലൂടെ മതിയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചു പോലും ചെയ്യാതെ ഹറാമിലേക്ക് പോകുന്ന ആൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഹലാലുകൊണ്ട് മതിയാക്കി തരേണമേ ഹറാമിനെ അവലംബിക്കാതെ എന്നാണ് ആ പറഞ്ഞത് അതിന് നമ്മളൊന്ന് ശ്രമിക്കണം അപ്പൊ അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകും അച്ചാരെയും ആശ്രയിക്കാത്ത വിധം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു എന്നെ ധന്യരാക്കേണമേ എന്നാണ് ധാരാളമായി രാവിലെയും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനകളിലുണ്ട് ദുഃഖങ്ങളിൽ നിന്നും ഞാൻ എന്നോട് രക്ഷതയെടുമയിൽ നിന്നും അള്ളാഹു രക്ഷതയെടു ിശുക്കിൽ നിന്നും അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നെല്ലാം പറഞ്ഞ ആ പ്രാർത്ഥികളുടെ എന്നെ അതിജയിക്കുന്നതിൽ നിന്നും ആലകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നുമെല്ലാം ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അപ്പോലബത്തു കടം നമ്മെ മികച്ചു നിൽക്കുന്ന അതിജയിച്ചു വരുന്ന ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം കടം വാങ്ങിച്ചാൽ എഴുതി വെക്കാൻ പരിശുദ്ധ ഇസ്ലാം പൊടിപ്പിക്കുന്നു ഖുർആാനിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആയത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാമത്തെ വചനം ആയസ് കടമിടപാടുമായി ബന്ധപ്പെട്ട ആയത്താണ് അതതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് കടമിടപാടുകൾ കൃത്യമായി എഴുതി വെച്ചിട്ടില്ല എങ്കിൽ കുറെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പിന്നീട് വരും ദുര്യാവിനും നാളെ ആസറത്തിലും നല്ല നിലയിൽ വീട്ടാൻ ശ്രമിക്കണം അതേപോലെ തന്നെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കണം വാങ്ങിയത് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും അത് കൊടുത്ത് തിരിച്ചറിഞ്ഞു കൊടുക്കുന്ന രീതിയിലാകരുത് മറിച്ച് മഹാബികൾ പഠിപ്പിച്ച നക്സലുറഹിമ പറഞ്ഞത് ും നേരത്തെ വടക്ക് നൽകി എന്നിട്ട് കുടുംബത്തിലും നിന്റെ സമ്പത്തിലും ചെറിയ അനുഗ്രഹം ചെറിയെ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് പഠിപ്പിച്ചതിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള കടം വീട്ടൽ എങ്ങനെയാണ് അത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് രീതിയിൽ തന്നെ എളുപ്പത്തിൽ വീട്ടലുമാണ് പരിശുദ്ധ ഖുർആാൻ മൂന്നാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി പറഞ്ഞ വചനമാണ് ഞാൻ ആമുഖമായി നിങ്ങളെ ഓർക്കേൽപ്പിച്ചത് ർക്കാണ് മാർഗത്തിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദരിദ്രരായ അത്തരം ആളുകൾക്ക് നിങ്ങൾ ചെലവഴിക്കണം അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുര്യാവിൽ യാത്ര ചെയ്ത് സമ്പാദിക്കുവാൻ അവർക്ക് സമയമില്ല അങ്ങനെ ധീർ വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും സമൂഹത്തിൽ അവരെ കണ്ടെത്തി അവർക്കായിരിക്കണം നിങ്ങൾ ചതക്കുകൾ നൽകേണ്ടത് അവരെ വിവരമില്ലാത്ത ആളുകൾ വിവരദോഷികൾ അവരുടെ മാന്യത കണ്ടുകൊണ്ട് വിചാരിക്കും അവർന്നരാണ് എന്ന് സീമാവും അവരുടെ മാന്യമായ സ്വഭാവത്തിലൂടെ പ്രവാചകരെ നിനക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസികൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരുടെ പ്രത്യേകത അവരുടെ പ്രത്യേകത പറ്റിപ്പോഴാണ് പറഞ്ഞത് ആളുകളെ അലട്ടിക്കൊണ്ട് ചോദിക്കുകയില്ല അവർ നിരന്തരമായി ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ ഇല്ലാത്ത മാലിന്മാരായ പാവപ്പെട്ട വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ അന്വേഷിച്ച് അവരുടെ ബാധ്യതകൾ നിർവഹിക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ ചെലവഴിക്കുന്ന ഏത് നന്മയുടെ ഭാഗത്ത് ചെലവഴിക്കുന്ന എന്തും തീർച്ചയായും അള്ളാഹു അതിനെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനാണ് സ്കൂള് തുറക്കാനായിക്കൊണ്ടിരിക്കുന്നു മക്കൾക്ക് വേണ്ടി നമ്മൾ അതേപോലെ തന്നെ ബാഗും കുടയും ബുക്കുകളും എല്ലാം വാങ്ങുമ്പോൾ ആ രീതിയിൽ ശേഷിയില്ലാത്ത കഴിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട വിശേഷണങ്ങളോടുകൂടിയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടിലും പരിസരത്തിലും ബന്ധുക്കളിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും സഹായിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം സർവശക്തനായ